ഭരണമുണ്ടോ അക്ഷയം ഗീതയും പറയുന്നില്ലേ ശസ്ത്രാണിം ന ജൈനം ക്ലേശ എന്തിയാവോ ന ശോഷയതി മാരുത ഒരിക്കലും ഒരു മാറ്റവും ഒരു വസ്തു മരിക്കലേ ഏ അങ്ങനെ അമ്മയുടെ ശരീരം നശിച്ചു ഈ ജ്ഞാനമൊക്കെ നാരന്റെ കുട്ടിക്കത് തോന്നൂന്ന് ചോദിച്ചാൽ തോന്നും കാരണം മുനീശ്വരന്മാരുടെ അലങ്കിലാണ് അവരൊന്നു പറഞ്ഞാൽ അതിന് പ്രായവ്യത്യാസമോ ഒന്നുമില്ല അപ്പൊ സംഭവിക്കും നന്നാവട്ടെ എന്ന് അവര് പറഞ്ഞാൽ നന്നായി പിന്നെ താഴോട്ടിയില്ല അങ്ങനെ ഒരു മഹാൻ കിട്ടിയ ആളാണ് അദ്ദേഹം അവിടെ നിന്ന് ആ ഈശ്വരനെ തേടി തേടി തേടി പോവാ എന്തിനാ അങ്ങോട്ട് പോയത് ഒരു വഴിക്ക് പോയത് അത് നിശ്ചയില്ല ഏതായാലും ശരി ഈശ്വരനെ കാണുന്നതിൽ മോഹം ഉണ്ടായപ്പോ പിന്നൊന്നിനും ഒരു ബുദ്ധിമുട്ടില്ല നേരായ വഴിക്കേം സഞ്ചരിക്കൂ മോഹമുണ്ടാക്കൽ ആവശ്യം ഒരിക്കലുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമേ ഇല്ല കാരണം ഈശ്വരനെനിക്ക് കാണണം എന്നങ്ങട്ട് കരുതിയാൽ പിന്നെ ഈശ്വരൻ തന്നെ നമ്മളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ എന്നാ പറയാ ശ്രീകൃഷ്ണ ക്ഷ സ്ഥലത്തിനവദേ മേൽപ്പത്തൂര് ഗുരുവായൂരപ്പ പറഞ്ഞതുപോല പോയി കുറെ യാത്ര കഴിഞ്ഞപ്പോ വല്ലാതെ ദാഹം വിശപ്പ് ഭയം ഒരു ചോലയിലടങ്ങി മുഖമൊക്കെ കഴിച്ചു അർദ്ധരാത്രിയായി കൊടുങ്കാട്ട് ക്രൂരമൃഗങ്ങൾ ഗർജനങ്ങൾ ഇതൊക്കെ കേട്ട് ഭയചകതനായെങ്കിലും ഉള്ളിൽ ഈശ്വരനല്ലേ ഇരിക്കുക പിന്നെ പേടിക്കാനൊന്നുമില്ല അവിടെ ഒരാൽത്തറയിൽ വന്നു നല്ല ചന്ദ്രൻ അങ്ങനെ വിളിച്ചു അവിടെ ഇരുന്നുകൊണ്ട് ആ മനസ്സിനെ അങ്ങോട്ട് ഏകാഗ്രമാക്കി യോഗ ചിത്തവൃത്തി നിരോധ കൊണ്ട് ചിത്തവൃത്തികളെ മുഴുവൻ നിഷ്പ്രയാസം നിരോധിക്കാൻ നാരുന്നിന് കഴിഞ്ഞു നമുക്ക് കഴിയുമോ മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കാൻ കഴിയും ഒരു നിമിഷം എങ്ങോട്ടെങ്കിലും ഭാഗവം തന്നെ കേൾക്കണം ഞാൻ വേറൊന്നും കേക്കില്ലാന്ന് പറയാവും ഇപ്പൊ മനസ്സോട് ഓടിപ്പോവും നാരദന ഈ അനുഗ്രഹം കൊണ്ട് യോഗ ചിത്ര നിരോധം എളുപ്പം കഴിഞ്ഞു കണ്ണാടിച്ചു എല്ലാം എല്ലാം പറഞ്ഞു തനെയും പറഞ്ഞു പ്രപഞ്ചവും പറഞ്ഞു ഈശ്വരൻ മാത്രം ആ ധ്യാനത്തിന്റെ ഫലമായിട്ട് ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടു എന്തൊരു ആനന്ദമാണ് ആ ഈശ്വര ദർശനം തന്റെ ഉള്ളിലുണ്ടായപ്പോഴാണ് മനസ്സിലായത് ഔ ഇതൊന്നും സാരമില്ല സുഖം സുഖം ആനന്ദം ആനന്ദം എന്ന് കരുതി ഞാൻ ഇതുവരെ ചിന്തിച്ചതൊന്നും ആനന്ദമല്ല ഇതാണ് യഥാർത്ഥമായ ആനന്ദം എന്ന ഭാവം ഉണ്ടായി പക്ഷേ പെട്ടെന്ന് ആ രൂപം പറഞ്ഞപ്പോൾ വിരഹം സഹിക്കവയ്യാതെ പൊട്ടി പൊട്ടിക്കറിഞ്ഞു തേങ്ങിക്കേങ്ങി നിസ്സഹായനായിട്ട് നിലവിളിക്കുമ്പോൾ ആരോ ഉള്ളിലിരുന്ന് പറഞ്ഞതുപോലെ തോന്നി ഇനി നിനക്ക് ജന്മത്തിൽ എന്നെ കാണാൻ പറ്റില്ല ഈ രൂപം കാണിച്ചു നിന്ന് എത്ര മനോഹരമാണ് എത്ര ആനന്ദപ്രദമാണ് ആനന്ദ ആനന്ദമയോ അഭ്യാസാൽ എന്തെങ്കിലും ഉപനിഷത്തിൽ ബ്രഹ്മസുരം പറയും ആനന്ദമയോ അഭ്യാസ ഞാൻ ആനന്ദ സ്വരൂപനാണ് ആനന്ദത്തിന്റെ ഒരു ലേശം നീ അനുഭവിച്ചു ഇനി നീ എന്നെ തന്നെ ഈ ജന്മം കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നിനക്ക് എന്നെ കാണാവുന്ന ഒരവസ്ഥ വരും എന്ന അനുഭവം എനിക്കുണ്ടായി പിന്നെ ദാ ഈ പാഞ്ചഭൗതികമായ ഈ ദേഹം കൊഴുങ്ങി വീഴുന്നതുവരെ ഞാൻ ഈ പ്രപഞ്ചത്തിൽ നടന്നു ആരോടും മതവും ബന്ധവുമില്ലാതെ ജന്മമാണ് ഞാൻ നാരദനായി ജനിച്ചത് ഇതാണ് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുഗ്രഹത്തിൻ്റെ മഹാത്മ്യം എന്നുള്ള കഥയുടെ വ്യാസനെ അനുസ്മരിപ്പിച്ചിട്ടുണ്ട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു അതുകൊണ്ട് ഇനി ഒട്ടുമൊന്ന് താമസിക്കേണ്ട സത്യത്തമായ ഗ്രന്ഥം രചിക്കൂ എന്ന് വ്യാസനെ അനുഗ്രഹിച്ച് നാരദൻ മടങ്ങിപ്പോയി കഥ ാണ് ഇവിടെ ശ്രീ ശൗനക ഉവാച ർഗേ നാര സൂത ഭഗവാൻ ബാദരായണ ശ്രുതവാംസ്തഭിപ്രേതം തതകോരോ സൂത ഉച്ച ബ്രഹ്മനസ്വത്യാമാശ്രമ പശ്ചിമേ തടേ ശമ്യാസൈതി പ്രോക്ത ഋഷീണ സത്രവർദ്ധന തസ്ൻ സ്വാശ്രമേ വ്യസോ ബദരീഷൻ ആസീനോപ ഉപസ്പൃശ്യ പ്രണിതധ്യൂ മനസ്വയം ഭക്തിയോ മനസി സമ്യക്ണിതേ മലേ അപ്പശ്യൽ പുരുഷം ശ്രയാത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ യ സമ്മോഹി ജീവാത്മാനം ത്രിഗുണാത്മകം പരോട്ട മനുദേനർം തൽത്തം ചാരിപയത്തെ അനർോപാക്ഷാ ഭക്തിയോ മധോക്ഷോകോ വിദ്ശ്ചക്േ സത്വത സംഹത വൈ ശൂയമാണേ പരമപൂരുഷേ ഭക്തിരുത്പയത്തെ പുംസ ശോകമോഹഭയാവഹ സ സംഹതം ഭാഗവതീം അനുക്മ്യ ചാത്മജം ശുഖം അധ്യാപയാമാസ മുനിൗനകൗവാച സവൈ നിവൃത്തിനിരതോപേക്ഷകോ മുനി കയഹതീമേതാത്മാരാമസ്സമഭ്യസൽ ശ്രീസൂതൗവാച ആത്മാരാമാനയോ നിർഗ്രന്ഥാ അപ്യുരുക്കമീകുറന് ഹൈതുകീം ഭക്തിഭൂതഗുണോ ഹരി ഹരേർഗുണാക്ഷിപതിർഭവാൻ ബാദരായണി അധ്യഗാൻ മഹദാഖ്യാനം നിത്യം വിഷ്ണുജനപ്രിയ പരീക്ഷിതോധരാജ ഋഷേർജന്മകർമ്മ വിളാവനം സംസ്ഥാന ജപാണ്ടുപുത്രാണേ കൃഷ്ണകഥോദയം യഥാധേ കൗരവസ്രഞ്ജയാീരേഷോ വീരഗതി മൃഗോദരാവിധദാഭിമരിഷഭോരുദണ്ഡേ ധൃതരാഷ്ട്രപുത്രേ ഭർത്തു പ്രിം ദ്രൗണിരിതി ശ്മ പശ്യൻ കൃഷ്ണാസുതം وضام شرام زي عباء باهر ال വിപ്രിമേവ തയജുപ്സിതം കർമ്മ വിഗർഹയ മാിശൂന നിധനം സുതമ്യ ഘോരം പരിതപ്യമാന തരുദൽ ബാഷ്പകലാകുലാക്ഷീ താസാഹ കിരീടമാലീ താശുചസ് പ്രമജാമി ഭദ്രേ യത് ബ്രഹ്മബന്ധോ ശിര ആതായ ഗാണ്ടീവ ചിത്ര ജൽപ്പിത്യുത മിത്രസൂത അന്വാദ്രവദ്ദംശി ഉഗ്രധന് കിധോ ഗുരുപുത്രം രഥേന തമാതവിലക്ഷ്യ ദൂരാൽകുമാരോദ്മന പരാദ്രവൽ പ്രാണപരീ സുൽഗമം രുദ്രഭയാഥാർക്കാശരണമാൽമൈക്ഷത ശ്രാന്തവാജി അസ്ത്രം ബ്രഹ്മശിരോമേനേ ആത്മത്രാണം ത്യജാത്മജ അഥോപസ്പൃശ്യ സലിലം സന്ദധേ തൽസമാഹിത അജാനുപസംഹാരം പ്രാണകൃ്രൗപിതേ തടപ്രാദുഷ്തം തേജ പ്രചണ്ഡം സർവോദിശം പ്രാണപദമഭിപ്രേക്ഷ്യ വിഷു ജിഷ്ണുരുവാച അർജുന ഉചൃഷ മഹാഭാഗ ഭയങ്കര ത്മേകോ ദഹ്യമാനപർഗോ സീ സംസൃത പു പുരുഷ സാക്ഷാശ്വര പ്രകൃതി പര മായാുദ്യ ചിച്ഛക്തി കൈവലിയേ സ്ഥിരാത്മനി സീവ ലോക മായാമോഹിത ചേതസ വിധൽസേ സ്വേന വീര്യേണ ശ്രേയോ ധർമാലക്ഷണം തധാഞ്ചാവതാരത്തെ ഭുവോ ഭാരജിഹീർഷയാ സ്വാൻ ചാനമനുധ്യന ചകൃ സ്വിൽകുതോ വേദീ ദേത്മഹം മുഖമായാതിജ പരമദരുുണം ശ്രീഭഗവാൻ ഉച്ച വേദം ദ്രോണപുത്ര ബ്രാഹ്മസ്ത്രം പ്രദർശിതം യേനസൗ വേദ സംഹാരം പ്രാണബാധൗപസ്ഥംച്ചം പ്രത്യവകർശനം യ്യസ്ത്രതേജന്നജ്ഞോ ഹ്യതേജസൂത ഉച്ച ശ്രുവാ ഭഗവത പ്രോക്തം ഫാൽഗുനഃ പരവീര പൃഷ്വാസ്തം പരിക്രമ്യ ബ്രാഹ്മം ബ്രാഹ്മായ സന്ദധേ സംഹയാന്യോന്യമുഭയോസ്തേജസീ ശര സംവൃതേ ആവൃത്യ ഓദസീ ഖഞ്ചവ വൃധ തേർക്കനിവൽ ദൃഷ്ട്വാസ്ത്രേജസ്തു തയയോസ്ത്രീൻ ലോകാൻ പ്രദഹന്മഹൽ ദഹ്യമാന പ്രർവാം വർത്തകമം സത പ്രജോപ്ലവമാലക്ഷ്യലോകം യതി കരഞ്ജതം മതഞ്ചവാസുദേവ സഞ്ജഹാരാർജുനോദ്വയം തദാസാദ്യതരസാദരുണം ൗതമി <laughs> സുദംബർ ഷതാ രാക്ഷ പശു രശനയാം്വാരിഹസി ബ്രഹ്മബന്ധുരിമം ജി യോസാവനകുപ്തീൻ നിശീ ബാലകാൻ മത്തം പ്രമത്തുന്മത്തം സുപ്തം ബാലം സ്ത്രിയവന്നിരം ഭീതം മരിപും ഹന്തി ധർമ്മവിൽ സ്വപ്രാണപര പ്രാണുഷ് ഘൃണ ധ്യേയോ യോഷാധുമാൻ പ്രതിശ്രുതാഞ്ചാല് ശൃവതോ മമ ആഹരിഷ്യേ ശിരസ്ഥേസ്തേമാനി പുത്രധ്യത തദസ വധ്യതം പാവ ആദതായ ആത്മബന്ധു ഭർത്തുശ്ചിം വീരകൃതവാൻ കുലവാംസനം പരീക്ഷതധർമ്മം പാർത്ഥ കൃഷ്ണേന ചോദ നൈച്ഛദ്ധാന് ഗുരുസുതം മഹാൻ അഥോപേത്യസ്വശിബിരം ഗോവിന്ദ പ്രിയസാരഥി നിയോചന് ആത്മജാ ഹൃതം പശുവൽ പാശബ്ദ്ധം അവാ ജുഗുപ്സിന് നിരീക്ഷ്യ കൃഷ്ണപകൃതം ഗുരോസുതം വാമസ്വഭാമ ഉന്ധനയനം സതി മുച്ചുമേഷ ബ്രാഹ്മണോ നിതരാ സർഹസ്യോധനു സവിസർഗോ സംയമ അസ്ത്രഗ്രാമശ്ചിക്ഷിതോ യുഗ്രഹാൽ സേഷ ഭഗവാൻ രോണ പ്രജാരൂപേണ വർത്തത്മനോർസ്വഗാധമഹാഗവത്ഭിർഗരവങ്കുലം മൃജിം നാരഹതി പ്രാപ്തം പൂജ്യം വന്ദ്യമഭീക്ഷണ മാ ജനീ ഗൗതമീപതിഥാഹം മൃതവത്സാർമ്യശ്രു മുഹീമുഹുക്കോവിദം ബ്രഹ്മകുലം രാജിന്യരജിത ൃതഹു സാബന്ധം ശുചാർപ്പം ശ്രീസൂത ധര്യം ന്യ്യം സകരുണം നിർവ്യലീകം സമം മഹൽ രാജർമസുരാജ്യനന്ദോദ് മകുലസ്സഹദേവനോ ധനഞ്ജയ ഭഗവാൻ ദേവീപുത്രോ യേ ചേയാത താഹമരുഷിതോ ഭീമസ്ഥേയാൻ വധ സ്മൃത ശിശൂൻ വൃഥാ നിശമ്യ ഭീമഗതി ദ്രൗപദ്യുർഭുജ ആലോക്യവദനം സഖ്യുരിതമാഹ ശ്രീകൃഷ്ണ ഉവാച ബ്രഹ്മബന്ധുഹന്തായഹണ മയവോഭയമാം നാദം പരിവാഹ്യനുശാസനം കുരു പ്രതിശ്രുതം സത്യം യത്തൽ സാന്വയതാ പ്രിയാം പ്രിഞ്ചീമസന പാഞ്ചാല്യാ മഹ്യമേ സൂതൗവാച അർജുന സഹസാഹരേർ ഹാർദമസിന മണിഞ്ജഹാരമൂർദ്ധന്യം ദ്ജയസ്യ സഹമൂർജം വിമുച്ചരശനബദ്ധം ബാലഹത്യാഹ്രഭം തേജസാ മണിനഹീനം ശിവിരാൻ നിരയാവയൽ വവനം ദ്രവിണാദാനം സ്ഥാനന്ദിരാവണം തധാഷി ബ്രഹ്മബന്ധൂ വധോ നോസ്തിരൈഹ പുത്രശോകാദുരാസ്സേ പാണ്ഡവാസ്സഹ കൃഷ്ണയ സ്വാമൃതൽകൃത്യം ചക്കുർഹരണതിക ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസ്യാം സംതം പ്രഥമസ്കന്ധേ ദ്രൗണി നിഗ്രഹോ നമ സപതമോധ്യ ഗോവിന്ദനാമസീർത്തോവിച ക്ഷതം സഹൃണ ഗംഗാസ്കൃതം വിളപ്യപ്ലുഹരിൂത സരിസീനം കുരുപത്തി ധൃതരാഷ്ട്രം സഹാനുജം ഗാന്ധാരീ പുത്രശോകാർ വൃധാ കൃഷ്ണ മാധവ സാന്വയാ മാസ മുനിർഹത ബന്ധൂൻ ശുചാർപ്പിത ഗതിർശയ പ്രതികരി സാധയത്യാതശത്രോസ്വം രാജ്യം കിതവൈർഹൃതം ഘാതയത്സതോരാജ കക്ഷതായുഷ യാജയത്വാശ്വേധൈസ്തൃഭിരുത്തമകല്പകൈ തയ്യശ പാവനം ദിക്ഷു ശതമ്യോരിവാതോൽ ആമന്ത്രയ പാണ്ടുപുത്രാം ശൈനീയോദ്ധവ സംയുത ദൈവായതി പ്രയ പൂജിതയ പ്രതിപൂജിതന്തുതമതിർബ്രഹ്മൻ ദ്വാരം രഥമാശിത ഉപലേഭേഭിധാവീ മുത്തരാംഭയ വിഹലാ ഉത്തരോ പാഹി പാഹീ മഹായോൻ ജഗൽപദേയം തുലഭയം പശ്യേയത്ര മൂർ പരസ്പരം അഭിദ്രവതി മാമീഷശരസോ വിഭോ കാമന്ദഹതുമാം നാഥ മാമേ ഗർഭോ നിവാധ്യത ശ്രീസൂത ഉചുധാര്യവചവാൻ ഭത്സല അർം ദ്രൗണേരസ്ത്രമബുധ്യത തഹ്യേവാധ മുനിശ്രേ പാണ്ട പഞ്ചാസായ കാൻ ആത്മനോഭിമുഖാൻ ദീപത്തലക്ഷ്യുവാദു വ്യസനം വീക്ഷ്യതാ അനന്യ വിഷയാൽത്മനം സുദർശന സ്വാസ്ത്രേണ വ്യാത് വിഭു അന്തസ്ഥൂതമാരോ ഹരി സ്വയാ വൃണോത്ഗർഭം വൈരാട്യുരുതേ യപ്പത്രം ബ്രഹ്മശിരസ്വമോം ചാതിക്യം വൈഷ്ണവം തേജസാദ്യ സമ്യൽ ഭൃഗൂദ്വ മാമം സ്ഥാഹ്യേതാശ്ശര്യം സർവാശ്ചര്യമയേ അച്യുതേ യൈദം മായയാ ദയാസൃത്യവഹത്തിന്യ യം മായ സൃജത് അതിഹം തയജ ബ്രഹ്മ തേജോ വിർമുത്തൈരാത്മജയയാ പ്രയാണഭിമുഖം കൃഷ്ണമ പൃഥ്വ സതീ കുന്യുവാച നമസേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതി പരം അലക്ഷ്യം സർവൂത അന്തർബിരവസ്ഥ യാജവനികാഛന്നോക്ഷജം അവയം നലക്ഷ്യസേ മൂഢദൃശാമടോ നാട്യധരോ യഥ പരമഹംസാ മുനീന മമലാത്മനം ഭക്തിയോ വിധാനം കഥം പശ്യേമഹി സ്ത്രിയ കൃഷായ വാസുദേവാ പരമാത്മനി കൃഷായസുദേ ീനന്ദനന്ദഗോപകുമാരാവിന് നമോ നമ നമ പങ്കജ നഭയ നമ പങ്കജ മാലി നമ പങ്കജ നേത്രയ നമസ്തേ പങ്കജ്രേ കൃഷ വാസുദേവഹീനന്ദന നന്ദഗോപകുമാരായ ഗോവി നമ പങ്കജനാഭാ നമ പങ്കജമാലിനെ നമ പങ്കജ നേത്രയ നമസ്തേ പങ്കജാഘ്രേ കൃഷ്ണായവകീനന്ദന ച നന്ദഗോപകുമാരാവിന് നമോ നമ നമ പങ്കജ നഭായ നമ പങ്കജമാലിന് നമ പങ്കജ നേലേന ദയീ കംസേനരുദ്ധാതിചിരം ശുചാർപ്പിത വിമോചിതഹം ച സഹത്മജ വിഭോ ധേന മുഹുർ വിപൽഗണൽ യംസേന യുരുദ്ധാതിചിരം ശുചാർപ്പിത വിമോചിതാത്മജ വിഭോ ത്വ നാഥേന മുഹുർ വിപൽഗണൽ വിഷാൻ മഹാത്മേ പുരുഷാദർശനൽ അസൽസഭയാനവാസ കൃശ്രദ മൃധേ മൃധേനേകമഹാരഥാസ്ത്രദോ ദ്രൗണ്യസ്ത്ര സ്മഹരേിരക്ഷിത വിപദ സന്തുശ്വൽ തത്ര തഗദ്ഗുരോ ദർശനം ജന്മൈശ്വര്യശ്രുതശ്രീഭിരേധമാന മദപ്പുമാൻ നൈവാരിഹത്യധാമകം നമോഹിഞ്ജന വിവൃത്ത ഗുണവൃത്തേ ആത്മാരാമായ ശാൻതായ കൈവല്യപതയേ നമ മന്യേ ലീശാനമനദി നിധനം വിഭും സമം ചരന്തം സർവത്ര ഭൂതന്മിഥലി നേദ കശി ഭഗവംശിഗീർഷിതം തവേഹമാനസൃണാം വിഡംബനം നയസ യിതികരി ചിദ്വേഷ്യൻ വിഷമാമതിന്മ കർമ്മ ച വിശ്വാത്മന്നുരാത്മന തിരങ് ഋഷിഷു യാദസ്സു തടംബനം ഗോപ്യ ദയകൃതാമ തവേ ദശാ അശ്രു കലിജനസംഭ്രമാക്ത്രം നിനീയ ഭയഭാവനയാഥിതം വിമോഹയ ഭീരപിയത് ബിഭേതി കെചിദാഹുരജാത പുണ്യശ്ലോക കീർത്തേ യോ പ്രിസ്യ അന്വവാ മലയസവ ചനം അപരേവ സുദേവസേവ്യാചിഭ്യഗാൽ അജസ്ത് ക്ഷേമാ വധായ സുരദ് ഭാരതാഭു വയോ ദധൌ സീദ്യ ഭൂരിഭാരേണ ജാതോ ഹ്യാത്മഭുവാർത ഭേസ്ക്ലിഷ്യമാന വിദ്യ കാമകർമ്മ ശ്രവണ സ്മരണർഹാണി കരിഷ്യതി കെചന ശൃവന്തി അഭീക്ഷ്മശ സ്മരന്ത് നന്ദി തവേഹിതം ജന തയേവ പശ്യജിണ തവകംഭവ്രവാഹോ പരമം പദുജം അപ്യത്തിനസ്വം സ്വഹൃതൈഹിത പ്രഭോജിഹാസസിഹൃദോ അനുജീവിന യാന്നയ്യൽഭവത പദുജൽ പരാണ രാജസു കെ വയം നാമ ൂഭ്യദുഭസ പാണ്ഡവാദോ ദർശനരി ഹൃഷീ കാണാമി വേശിതു നേയം ശോഭിഷ്യതേ തഥേദാന ഗതാധര ത്വൽപതൈരംഗിതാതി സ്വലക്ഷണവിലക്ഷിതൈ ഇമേ ജനപദ സ്ഫുർ സുക്വൌഷധി വീരുധ വന്നദ്രി നുദന്വന്തോ ഹ്യേധന് തേ തവ വീക്ഷിത വിശേഷ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്വകേഷു മേ സ്നേഹപാശമം ഛിന്ധീ ദൃഢം പാണ്ഡുഷു വൃഷിഷു ത്യി മേന വിഷയാമതി സകൃ രതി മുദ്വഹതാ ദദ്ധാ ഗംഗൌഹ മുദന്വീ കൃഷ്ണസഖാ വൃഷ്ണിഷഭാവനിതൃഗ്രാജന്യവംശദനപർഗവീര്യ ഗോവിന്ദ ഗോദ്വിജസുരാർത്തിഹരാവതാരോശ്വരാ അഖിലഗുരോ ഭഗവന്നമസ്തേ യോഗേശ്വരാളുരോ ഭഗവന്നമസ്തീ യോഗേശ്വര അഖിലഗുരോഭവൻ നമസ്തേ ശ്രീസൂരവവാച പൃഥയഥം കളവദയ്യപ്പരിണോദിലോദയ മന്ദം ജൈകുണ്ഠോ മോഹയമായയാ ുവാമന്ത്രയ പ്രവിശ്യ ഗജസാഹ്വയം സ്ത്രിയശ്ചസ്വുരാസ്യൻ പ്രേം രാജാ നിവാരിത വ്യാസാദ്യൈരീശ്വരെ ആ ജൈ കൃഷ്ണേനദ്ഭുതകർമ്മ പ്രബോധിതീതിഹാസൈരർ ബുധ്യത ശുചാർപ്പിത ആഹരാജർമ്മസുതയൻ സുഹൃദാം വധം പ്രാകൃതേനത്മന വിപ്രാ സ്നേഹമോഹവ അഹോമേ പശ്യതാ ജ്ഞാനം ഹൃദ രുൂഢം ദുരാത്മന ബാലദ്വിജസുഹൃന് മിത്ര പിതൃഭാതൃഗുരുദ്രുഹ നമേ സായാന്മോക്ഷോഹ്യവർഷാ യുധാതൈ മൈനോരാജ്ഞ പ്രജാ ഭർത്തുധർമ്മ യുദ്ധേ വധോദ്വിഷാ ഇ മേ നദു ബോധായ കൽപ്പാസനം വച സ്ത്രീണ മധത ബന്ധൂനം ദ്രോഹോയസൗ ഇഹോത്ഥിത കർമ്മർഗൃഹമേധീയർഹം കൽപ്പോ വ്യവോഹിതും യഥാങ്ക പങ്കാഭസ്സുരയാസുരാതം ഭൂതഹകർമാർഷ്ടഹതി ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസ്യം സംതമസ്കന്ധേ കുന്തീസ്തുയുധിഷ്ഠിരാതാ നാമാധ്യ ഗോവിന്ദമസീർത്തോവിറച്ചുനേരം ഇവിടെ നിർത്തുകയാണ് ഒമ്പതേ കാലിന് തുടരാം ഒമ്പതേ കാലിന്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 narayan narayan narayana narayan narayan narayana narayan narayan narayana narayan narayan narayana narayan narayan narayana narayan narayan narayana ായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണസത്ര ഗോവിന്ദനാമസങ്കീർത്തോവിംബരം കരവിരാജിതചക്ശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദവാതേശം അനിശം ഹൃദി ഭാവയാമി ശ്രീഗുരുവായുരപ്പ ശരണം കഥമയീം ഭഗവതാഭി ഹരിതും തേ ചരിതസ് യഥാതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദ്യുത മാരുതേഷ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീസൂത ഉചേത പ്രജദ്രോഹാൽ സർവർമ്മവിവിൽസയാ തതോ വിനശനം രാഗാൽ യത്ര ദോ വ്രതോ വലൽ തേ ഭ്രാതരസേ സദശൈ സ്വർണഭൂഷന്വഗന്ധൈ വിപ്രാവസൗമ്യാദയസ്തഥാ ഭഗവാൻ അഭി വിപ്ര ഋഷൈരഥേന സധനഞ്ജയ സതൈർവ്യരോചതൃപ കുേരുഹ്യകൃഷ്ടപതിൂമൗ ദിവുതവാമരം പ്രണേമോ പണ്ടീഷ സഹചക്രി തഹ്മ ഋഷയസേ ദഷയശ് സജ ഋഷയശ്ച തസൻ ദ്രഷും ഭരത പുവം പവതോ നാരദോധൗമ്യോ ഭഗവാൻ ബാദരാണ ബൃഹദശ്യോ ഭരദ്വാജ സശിഷ്യോ റെേണുക്കാസുത വസിമദസ്ത്രിതോ ഗൃൽസമദോസിത കക്ഷൈവാൻ ഗൗതമോ ത്രിശ്ച കൗശികോധസുദർശന അന്യേ ചുനയോ ബ്രഹ്മൻ ബ്രഹ്മരാതാദയോ മല ശിഷ്യൈരുവേദ്മോ കശ്യപാംഗിരസാദയ താൻ സമേതാ മഹാഭാഗാണുപലഭ്യ വസൂത്തമ പൂജയാമാസജ്ഞോകാല വിഭാഗവിൽ കൃഷ്ണം ചതൽ പ്രഭാവജ്ഞ ആസീനം ജഗദീശ്വരം ഹൃദയസ്ഥം പൂജയാമാസ മായോ പാത്ത വിഗ്രഹം പാണ്ഡുപുത്രാപാസീന പ്രശ്രയ പ്രേമസംഗതാൻ അഭ്യതസ്ഥാഗാശ്രയ അന്ധീഭൂത ചക്ഷുഷാ അഹോ കഷ്ടഹോനം യൂയം ധർമ്മനന്ദന ജീവിതം നരിഹക്ലിഷ്ടം വിപർമാച്യുതാശ്രയാ സംസ്ഥിേതിരഥേ പാണ്ഡൂ പൃഥ് ബാല പ്രവൂ യുഷ്മൽ ബഹൂൻക്ലേശാൻ പ്രാപ്ത തോകവതീ േപ്രിയം സബാലോ യുവശേലോകോ വായരിവ ഘനധർമ്മസു രാജ ഗതാ പാണിവൃഗോദര കൃഷ്ണോസ്ത്രീ ഗാൻഡിം ചാപം സുഹൃൽ കൃഷ്ണ തോ വിവൽ നശിജിദ്രാജൻ പുമാൻ വേദ വിധിത്സിതം യദ്ജിജാസയാുക്തയന്തി വയയോ തസ്തിൈവതന്ത്രം വ്യവസ്യ ഭരത ഋഷഭ തഹിതോ നാഥ നാഥ പാഹി പ്രജ പ്രഭോ എഷ വൈ ഭഗവാൻ സാക്ഷാദാദ്യോ നാരായണ പുമാൻ മോഹയൻ മായയാ ലോകം അയാനുഭാവം ഭഗവാൻ വേദ ഗുഹ്യതമം ശിവ ദഷിർ നാരദ സാക്ഷാത് ഭഗവാൻ കവിലോ നൃപ യം മഞ്ഞസേ മാതേേയം പ്രിയം മിത്രം സുഹൃത്തമം നഗരോ സജിവം ദൂതം സൗഹൃദ സാരഥിം സർവാത്മന സമദൃശോ ഹ്യവയസാനഹം കൃതേ തൽതം മതിവൈഷമ്യം നിരവധ്യസി തേകാതക്തേു പശ്യഭൂവാനുകമ്പിതം യന്മേ സൂം സ്ജത സാക്ഷാൽഷ്ണോ ദർശനമാഗത ഭക്രേശ്യമനോ യൻ വാചായമ കീർത്തയൻ തയജൻ കളൈബരം യോഗീ മുച്ചേ സ ദദേവോ ഭഗവാൻ പ്രതീക്ഷതം കളയം യാവതിദം ഹീനോമ്യഹം പ്രസന്നാസരുണലോചനോല്ലസുഖാബുജോ ധ്യനവധുർഭുജ സൂത ഉവാച യുതിഷിരസ്താകർണ്ണ്യശയാജരേ അപൃഛദ്വിധാൻ ധർമാനഷന് ചാൻ ശൃണ പുരുഷസ്വഭാവവിഹതാവർണ്ണയഥാശ്രമം വൈരാഗ്യരാഗോപാധിഭ്യം മാതോഭയലക്ഷണ ദാനധർമാൻ രാജധർർമാൻ മോക്ഷധർമാൻ വിഭാഗശ സ്ത്രീധർമാൻ ഭഗവധർമാൻ സമാസവ്യാസ യോഗതർമാർ കാമമോക്ഷാശ സഹോപാൻ യഥാഖ്യാനാസേഷു വർണയാമാസ തൽർമ്മം പ്രവതത സ്കാ പ്രത്യുപഥിത യോ യോഗിനശന്ദോർവാസ്തുത്തരാണ തദോപസംഹൃത്യ ഗിരസ്സഹസ്രണേർവിസംഗം മന ആദൂരുഷേ കൃഷ്ണസ്പീതപടേ ചതുർഭുജേ പുരസ്ഥദ്യധാരേ വിശുദ്ധയാ ധാരണയാതുഭ തദേക്ഷയൈവാശുഗതാധ്യവൃത്തേന്ദ്രി വൃത്തിവിഭ്രമസ്തുഷ്ടയ വിസൃജൻ ജനർദം ശ്രീഭീഷ്മ ഉച്ച ഇതിമതിരുപകൽപ്പിതൃഷ്ടഗവതി സത്വതപുംഗവേ വിഭൂ സ്വസുഖമുപത്തെ ത്രിഭുവനകനം തമാലവർണ്ണം രവികര ഗൗരവരാംബരം ദാനേ വപു അളകുലാവൃതാനം വിജയസഖേരതിരസ്തു മേ അനവ്യ യുധീതുലഗരജോ വിധൂമ്രവിഷവക്കുളിതലംകൃത മമ നിശിത ശരൈർവിമാന ത്വീ വിലസൽക്കവചേസ്മാപതി സഖിവോ നിശമ്യ മധ്യേ നിജപരയോർബലോ നിവേശ്യ സ്ഥിതവതി പരസൈനികോക്ഷഹൃത പാർസഖേരതിർമ്മമാ വ്യവഹൃതം നിരീക്ഷ്യ സ്വജനവധാ വി മുഖ്യ ദോഷബുദ്ധ്യ കുമതി മഹരദത്മവിദ്യയാ